യും ഭഗവാൻ ഗീതയുടെ മൂലമായിട്ടുള്ള സാധന അതാണ് ഇന്നലെ പറഞ്ഞത് എല്ലാ സാധനയും പൂർത്തിയാവുന്നത് അഹങ്കാരത്തിന്റെ ക്ഷയത്തിലാണ് ോ വാസ്തവത്തിൽ അഹങ്കാരം ഇല്ല അത് വെറു ഒരു പ്രതിബിംബം മാത്രമാണ് പ്രകൃതി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിക്കും എസ് സന്നിധി മാത്രേണ്രിയ മനോധിയു സ്വകീയേഷു വർത്ത പ്രേരിത എന്നാണ് ഏതൊന്നിന്റെ മിയർ പ്രസൻസ് സാന്നിധ്യം കൊണ്ട് തന്നെ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനത്തിന് പ്രകൃതിയുടെ പ്രവർത്തനമാണ് ചൈതന്യത്തിന്റെ പ്രസൻസ് സാന്നിധ്യം അതിൽ അഹങ്കാരം ഞാൻ ചെയ്യണു എന്ന് ഏറ്റെടുക്കുന്നു അതാണ് ഭഗവാൻ പറഞ്ഞു പ്രകൃത ഗുണസമ്മൂഢ പ്രകൃതി ചെയ്യുന്നതിനെയൊക്കെ താനാണെന്ന് ധരിച്ച് अहंकार विमूढ़ात् कर्ता अहमति महंकार नष्टव अद विमूात् अर्थम तेलच नष्टव आमति मे ानुता या धिको अवन आवे प्रकृति प्रवर्कू या साक्षिमात्र അപ്പൊ ഇവിടെ ഒരേ ഒരു സാധനേ ഉള്ളൂ പതു പതുക്കെ പതുക്കെ പതുക്കെ സാക്ഷിഭാവം അവലംബിച്ച് പഠിക്കാറുള്ളത് നമുക്ക് ഓരോന്നും ഇതൊരു സാധനയായിട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും ഈ ചിത്തവൃത്തികളിൽ നമ്മൾ സാധാരണ വീണുപോകും ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ഉടനെ വീണുപോയി അസൂയ വരുമ്പോൾ എനിക്ക് അസൂയ വരുന്നു ടെൻഷൻ വരുമ്പോൾ എനിക്ക് ടെൻഷൻ ഉറക്കം വരുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു അതിനു ഈ ചിത്തവൃത്തികളൊക്കെ ആർക്കു വരുന്നു ചിത്തവൃത്തികളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനു പകരം സാക്ഷിയിലേക്ക് അവബോധത്തിലേക്ക് പോവാനുള്ള ഒരു വഴിയാണ് ഓരോ ചിത്തവൃത്തി വരുമ്പോൾ ആർക്ക് എനിക്ക് വരണു അപ്പൊ അറ്റൻഷൻ ഉടനെ ചിത്തവൃത്തിയിൽ നിന്നും എനിക്ക് എന്നുള്ളതിലായി അല്ലാതെ ഈ ചിത്തവൃത്തിയിൽ ശ്രദ്ധയെ വെച്ചുകൊണ്ട് ചിത്തവൃത്തിയെ ഇല്ലാതാക്കാൻ ഒക്കില്ല ചിത്രവൃത്തി വരുമ്പോ ആർക്ക് വരണു എനിക്ക് വരണു ഞാൻ ആര് ഞാൻ എന്താണ് ശ്രദ്ധ അങ്ങനെ സാക്ഷിയിലേക്ക് ക്രമേണ ഈ ഞാൻ ആര് എന്നുള്ള വിചാരമൊന്നും ഇല്ലാതെ തന്നെ എന്ത് വന്നാലും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരും അതിൽ വീണു പോവാതെ നടക്കട്ടെ നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നു നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നതും മനസ്സ് പ്രവർത്തിക്കുന്നതും എല്ലാത്തിനും അകമേക്ക് ഉള്ളിന്റെ ഉള്ളില് സാക്ഷിയായിട്ടിരിക്കാം കാഴ്ചക്കാരനായിട്ടിരിക്കുക ആ സാക്ഷിഭാവത്തിനെ ഭഗവാൻ ഇവിടെ തത്വജ്ഞാനം എന്ന് പറഞ്ഞു എന്തെങ്കിലും അറിയുന്നതിനെയല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞത് എല്ലാ അറിവിനും നമ്മളുടെ ശരീരം മനസ്സ് ബുദ്ധി ഇതിനൊക്കെ പ്രവർത്തനത്തിനൊക്കെ വെറും കാഴ്ചക്കാരനായിരിക്കുന്ന ആ ഒരു ധ്യാനഭാവത്തിനെ ഭഗവാൻ തത്വജ്ഞാനം എന്ന് വിളിച്ചു അതാണ് ധ്യാനവും ആ തത്വജ്ഞാനം ആർക്ക് ദൃഢമായിട്ടുണ്ടോ അവൻ പിന്നീട് ബന്ധപ്പെടില്ല ഒന്നിനോടും ബന്ധിക്കപ്പെടില്ല മൈ സർവാണി കർമാണി സന്യസ് അധ്യാത്മചേതസ നിരാശീഹി നിർമ്മമോഭൂത്വ യുദ്ധസ്വ വിഗതജ്വര എന്നിൽ എല്ലാ കർമ്മങ്ങളെയും അർപ്പിച്ചിട്ട് ഒരു പ്രത്യേക ആഗ്രഹമോ ഞാൻ ചെയ്യണോന്നുള്ള ഭാവമോ ഇല്ലാതെ യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നു എന്താണ് ഭഗവാനിൽ അർപ്പിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെങ്കിലും ഉണ്ട് അദ്ദേഹത്തിന് മടിയിൽ കയറ്റി വയ്ക്കാനാണോ അങ്ങനെ വല്ലതും ചെയ്യാൻ നമുക്ക് പറ്റുമോ വൈ സന്യസ്യേ എന്ന് ഭഗവാൻ പറയുന്നതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ നമ്മളിൽ നടക്കുന്ന ഓരോ ചലനവും അനുഭവവും ഒക്കെ തന്നെ ഭഗവാനാണ് ചെയ്യണത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് ഇനി പറയാൻ പോകുന്നു ഭഗവാൻ നമ്മളുടെ അന്തര്യാമിയായി ഈ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസും ഓരോ ചലനവും ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നുള്ള അറിവാണ് മൈ സന്യസ്യ ഭഗവാന് വിട്ടുകൊടുക്കൽ അപ്പൊ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമേ വരണില്ല ഉറക്കം വരുന്നു ഉറക്ക രൂപത്തിൽ ഭഗവാനാണ് ഉറക്കം വന്നിട്ടില്ലേ ആ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഉറക്കം വരണില്ല ഉറക്കം വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നുമില്ല ഇപ്പൊ ഉറക്കമില്ലായ്മയായി എന്നിൽ ഭഗവാൻ ആവിർഭവിച്ചിരിക്കുന്നു ഭഗവാൻ ആവിർഭവിച്ചിരിക്കുന്നു എന്തും അക്സെപ്റ്റൻസ് ആണ് ഒന്നിനും നടുവിൽ കുറുക്കേ വരാതിരിക്കലാണ് നിരാശീഹി നിർമ്മമോത്വ ആശയും ഉദിക്കുന്നില്ല മമതയും ഉദിക്കുന്നില്ല യുദ്ധസ്വ യുദ്ധം ചെയ്യൂ അർജുന യുദ്ധം ചെയ്യൂന്ന് വെച്ചാലും എന്താർത്ഥം യുദ്ധം നെല്ലിലൂടെ നടക്കും ഈ തടസ്സം ചെയ്യുന്നത് നിർത്തിയാൽ അജ്ഞാനം നിർത്തിയാൽ യുദ്ധം ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ത്രൂ യു അല്ലാതെ യുദ്ധസ്വ എന്നൊരു കുരു എന്നുള്ള ഒരു വിധിയല്ല ഇറ്റ് വിൽ ഹാപ്പൺ നിന്നിലൂടെ അത് നടക്കും നീ തടസ്സം നീക്കിയാൽ മതി തടസ്സം നീക്കിയാൽ യുദ്ധം നടക്കും ഞാൻ യുദ്ധം ചെയ്യണമെന്നുള്ള ഭാവമേ വേണ്ട നിന്നിലൂടെ യുദ്ധം നടക്കും യുദ്ധസ്വവിഗതജ്വര അങ്ങനെ ഈ തത്വം തത്വജ്ഞാനം എന്താണോ എന്ത് തന്നെയാണ് ശരണാഗതി ശരണാഗതി എന്ന് വെച്ചാലും ഇത് തന്നെ ഞാൻ ചെയ്യണമെന്നൊക്കെ വിട്ട് നാരായണൻ ചെയ്യുന്നു എന്ന് വന്നാൽ ശരണാഗതിയായി ഇത് സ്വീകരിച്ചാൽ മുച്ഛന്തി കർമ്മബി അവര് കർമ്മത്തിൽ നിന്നൊക്കെ വിമുക്തരാകും ഏ ഇതൊന്നും എനിക്കൊന്നും ശരിയാവില്ല ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് അസൂയന്ത അസൂയ കാണിക്കുകയാണെങ്കിലോ വിദ്യ നഷ്ടാന ചെയ്യത്ത സഹ അവർക്ക് നഷ്ടം ഈ വിദ്യയ്ക്കൊന്നും അവർ അതുകൊണ്ട് ഒരു നഷ്ടവുമില്ല ഈ വിദ്യ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടം വിദ്യ നഷ്ടാൻ അചേത സഹ അവര് അചേതസഹ ചേതസ് ഇല്ലാത്തവർ എന്ന് വെച്ചാലോ മഠയന്മാര് ചിത്തത്തിന് സ്ഥിരതയില്ലാത്തവരെന്നർത്ഥം അവര് വേറെ എന്തു പറയാനാ വിദ്യ നഷ്ടാൻ അചേത സഹ അപ്പൊ എന്തുകൊണ്ടാ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ചിലർ ശ്രദ്ധിക്കുന്നു ചിലർ ശ്രദ്ധിക്കുന്നില്ല ചിലർ മനസ്സിലാക്കുന്നു ചിലർ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിലര് വിപരീതമായിട്ട് മനസ്സിലാക്കുന്നു ചിലരെ എത്ര തന്നെ ശ്രമിച്ചാലും അവർക്ക് കോപം വരുന്നു ചിലർ വളരെ ശാന്തസ്വഭാവികളായിട്ടിരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ പ്രകൃതി പഞ്ചപാണ്ഡവരിൽ തന്നെ അഞ്ചും അഞ്ചു നമ്മളിൽ ഓരോരുത്തരെയും കണ്ടാൽ ഓരോരു രീതിയിൽ പെരുമാറും ഇതെന്തുകൊണ്ടാണ് അറിഞ്ഞാലും നമുക്ക് ചിലതൊന്നും ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞാൽ നമ്മളെ പ്രകൃതി നമ്മളെ ചെയ്യിപ്പിക്കുന്നു ഇതിനൊക്കെ എന്താ കാരണം अतर भगवा अ्लोक नोक सदृश प्रकृते ज्ञानवानि प्रकृति भूताह कि अभी रु अवनर्थम ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവനാണെങ്കിൽ പോലും അവന്റെ പ്രകൃതിക്കനുസരിച്ച് അവൻ ചേഷ്ടിക്കുന്നു അങ്ങനെ ചേഷ്ടിക്കണം എന്ന് തന്നെയാണ് ഭഗവാനും പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്വധർമ്മത്തിന് ഡെഫനിഷൻ കൊടുത്തത് തന്നെ സ്വഭാവവിഹിതം കർമ്മ എന്നാണ് അവന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ് സ്വധർമ്മം ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മത്തിനെ സ്വരൂപജ്ഞാനത്തോടുകൂടെ ഒഴിച്ചു മാറ്റണം യജിച്ചു നീക്കണം അതാണ് കർമ്മയോഗം അപ്പോ അങ്ങനെ അല്ലാതെ ആരെ കൊണ്ടും ഇരിക്കാനും പറ്റില്ല സദൃശം ചേഷ്ടതേ സ്വസ്യാഹാ പ്രകൃത ജ്ഞാനവാൻ അപ്പി അറിവുള്ളവനാണെങ്കിലും അവന്റെ സിസ്റ്റം മുഴുവൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് അയാളുടെ പ്രകൃതിക്കനുസരിച്ചാണ് വാസനക്കനുസരിച്ചാണ് അറിവുള്ളവനാണെങ്കിലും അവനവന്റെ പ്രകൃതിക്കനുസരിച്ച് ചേഷ്ടിക്കുന്നു ജ്ഞാനവാനപി എന്നുള്ളതിന് കേവലം ബുദ്ധി കൊണ്ടുള്ള അറിവുള്ളവൻ എന്നും അർത്ഥം പറയാം ആത്മജ്ഞാനികൾ പോലും അവരവരുടെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസരിച്ചാണ് അവരൊരു ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാ ജ്ഞാനികളും ഒരേപോലെ ഇല്ലല്ലോ ജ്ഞാനവാനപി അപ്പൊ വിപരീതമായിട്ടുള്ള പ്രകൃതി വരുമ്പോഴോ അവിടെ ഭഗവാൻ പറയുന്നത് പ്രകൃതി ഭൂതാണി എല്ലാ ഭൂതങ്ങളും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ഇവിടെ ചേഷ്ഠിച്ചടങ്ങുന്നു പ്രകൃതിയിൽ തന്നെ അവരിൽ അയിച്ചുചേരുകയും ചെയ്യുന്നു ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുറമേ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നന്നാവുകയാണെങ്കിൽ ഈ ലോകം എന്നോ നന്നാവേണ്ടതായിരുന്നു നിഗ്രഹ കിം കരിഷ്യതി നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം ദുര്യോധനനെ എത്ര പ്രാവശ്യം ഉപദേശിച്ചു അല്ലെ ദുര്യോധനനും അറിവുള്ള ആളാണ് ദുര്യോധനം പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം എനിക്ക് ധർമ്മം എന്താന്നറിയാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല അധർമ്മം എന്താണെന്ന് അറിയാം എനിക്കത് ചെയ്യാതിരിക്കാനും പറ്റണില്ലാമി ധർമ്മം നഹിമേ പ്രവൃത്തി ജാനാമി അധർമ്മം നഹിമേ നിവൃത്തി എന്താ ഇങ്ങനെ എന്താ കാരണം കേനാപി ദേവേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ ഏതോ ഒരു ദേവൻ എന്റെ ഹൃദയത്തിലിരുന്ന് എങ്ങനെ ചെയ്യിപ്പിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യണു ദുര്യോധനന്റെ വാദമാണ് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല യോ ദുർവിമർശയാ നിജമായ ധർമ്മ യുധിഷ്ഠിര മഹാരാജാവ് ധൃതരാഷ്ട്രർ ഇത് പറയുന്നു ഭാഗവതത്തില് യോ ദുർവിമർശയാ നിജമായ വിമർശനം ചെയ്ത് വിചാരണം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിഗൂഢമായ മായ കൊണ്ട് എല്ലാരെയും സൃഷ്ടിച്ച് അവർക്ക് മാറണം എന്ന് വിചാരമുണ്ടെങ്കിൽ പോലും മാറാൻ സമ്മതിക്കാതെ ഓരോരുത്തരെയും കളിപ്പാവ പോലെ നർത്തനം ചെയ്യിപ്പിക്കുന്ന ആ ഭഗവാന് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് തസ്മൈനമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ നമസ്കരിക്കുന്നു ആരെ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായാണ് ദുരവബോധം അറിയാൻ ഏറ്റവും വിഷമമുള്ള വിഹാരതന്ത്രം എന്നാണ് ഭഗവാന്റെ വിഹാരതന്ത്രം എന്താ പ്രകൃതിയാണ് ഭഗവാന്റെ വിഹാരതന്ത്രം ഓരോരുത്തരുടെ ഉള്ളിലും ദുര്യോധനന്റെ ഉള്ളിൽ വിനാശബുദ്ധിയായിട്ടും ധർമ്മപുത്രരുടെ ഉള്ളിൽ ധർമ്മബുദ്ധിയായിട്ടും ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ബുദ്ധിയായിട്ടും അവരെ കൊണ്ട് അപ്പപ്പോ ഓരോന്ന് ചെയ്യിപ്പിച്ചും കൊണ്ട് തോന്നിപ്പിച്ചും കൊണ്ട് പ്രകൃതിയായി അവരുടെ ഉള്ളിലിരുന്ന് അവരെയൊക്കെ കളിപ്പിക്കുന്നു ഇവരാരും സ്വതന്ത്രരല്ല കഥ എന്ന് പറഞ്ഞ് നോക്കിയാൽ അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ ഈ കഥയുടെ നാടക സൂത്രധാരി മുഴുവൻ ആ പ്രകൃതിക്ക് അതീശ്വരനായ ഭഗവാനാണ് ചക്രം ചുറ്റിപ്പിക്കണത് എന്നിട്ട് ഭഗവാൻ നല്ല സമർത്ഥമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഞാൻ ഒന്നും കുറ്റക്കാരനല്ല ഒന്നും ഞാൻ ചെയ്തില്ല എന്നാണ് കൃഷ്ണന്റെ വാദം ആരോ ഒരു ഭക്തൻ കൃഷ്ണൻ ജനമേ ചെയ്യൻ കൃഷ്ണനോട് ചോദിച്ചു അത്ര എന്റെ മുത്തശ്ശന്മാരെ വെറുതെ ബുദ്ധിമുട്ടിച്ചില്ലേ ഭഗവാന് അങ്ങയുടെ ഭക്തന്മാരായിട്ടിരുന്നു കൂടെ ഇരുന്നിട്ട് ചൂതുകളിയിലൊക്കെ അവരെ രക്ഷിക്കായിരുന്നില്ലേ ദ്രൗപതി അവസാന വസ്ത്രാക്ഷേപം വരുന്നവരെ അങ്ങ് പിടിച്ചു നിർത്തിയല്ലോ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ദ്രൌപതി ഞാൻ ആദ്യമേ രക്ഷിക്കായിരുന്നു അവൾ ആദ്യം ഭീഷ്മരെ വിളിച്ച് ധൃതരാഷ്ട്രരെ വിളിച്ച് പിന്നെ തന്റെ ഭർത്താവായ ധർമ്മപുത്രരെ വിളിച്ച് രണ്ടാമത് ഭീമനെ വിളിച്ച് മൂന്നാമത് അർജുനനെ വിളിച്ച് നകുലനെ വിളിച്ച് സഹദേവനെ വിളിച്ച് നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് അവസാനം ഒരു കഷ്ണം പിടിച്ചിട്ട് ാവാസിൽ നിന്ന് വിളിച്ച് എന്നിട്ട് അപ്പൊ ദ്വാരകാവാസി നിന്ന് വിളിച്ചാൽ ദ്വാരകു പുറപ്പെട്ട് ഫ്ലൈറ്റോ ട്രെയിനോ പിടിച്ച് വന്നാലും വൈകും എന്നിട്ട് ലാസ്റ്റാണ് ആ പിടിയും വിട്ടിട്ട് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന ഇത്രയും നേരം ഞാൻ കാത്തോണ്ടിരുന്നു അല്ലെങ്കിൽ എനിക്ക് തന്നെ പവറില്ല അവള് അഹങ്കാരം വിട്ടാലേ എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാനൊക്കെയുള്ളൂ ധർമ്മപുത്രരെയും ഞാൻ സഹായിക്കുമായിരുന്നു ആദ്യമേ ഞാൻ റെഡിയായിരുന്നു പക്ഷെ ഒന്നാമത് ഇയാൾ ആദ്യം ഇയാളുടെ ബുദ്ധിയിൽ ആരാ പറഞ്ഞുകൊടുത്തു ചൂത് കുളിക്കുന്നത് ധർമ്മമാണെന്ന് രാജധർമ്മാണ് അത്രേ ആരാ പഠിപ്പിച്ച ഇയാളെ ഇയാള് തലയിൽ സ്വയമേവ ഒന്ന് നിശ്ചയിച്ചു നാട്ടു നടപ്പ് അനുസരിച്ചൊരു ധർമ്മം ചൂത് കളിക്ക ശരി പോട്ടെ അപ്പോഴും ഞാൻ ഒരു ചാൻസ് കൊടുത്തു ആ ദുര്യോധനൻ നല്ല സമർത്ഥമായിട്ട് പറഞ്ഞു എനിക്ക് കളിക്കാനറിയില്ല എനിക്ക് പകരം അമ്മാവൻ ശകുനി കളിക്കും എന്ന് പറഞ്ഞു ഇവന് പറയാൻ പാടില്ലേ എനിക്കും കളിക്കാനറിയില്ല കൃഷ്ണൻ എനിക്ക് പകരം കളിക്കും എന്ന് പറയാൻ പാടില്ല ഞാൻ റെഡി ആയിട്ട് ആദ്യത്തെ കളി തന്നെ തീർക്കുമായിരുന്നു സ്വയം കളിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാവും അലൗ ഹിം ടു പ്ലേ ഭഗവാനെ കളിക്കാൻ വിട്ടിട്ട് നീ മാറി നിന്നാൽ കളിയൊക്കെ ഭംഗിയാവും ഈ സ്വയം കളിക്കാൻ പോയതിന്റെ കുഴപ്പമാണ് ഇത് മുഴുവൻ സ്വയം കളിക്കണം എന്ന് ആരു തോന്നലുണ്ടാക്കി വാസനാമയമായിട്ട് അതും ഭഗവാന്റെ അതാണോ ദുർവിമർശപഥയാ എന്ന് ധർമ്മപുത്ര ധൃതരാഷ്ട്ര പറഞ്ഞത് എനിക്കൊക്കെ മനസ്സിലാവേണ്ടതാണ് ഉദ്ധവനെ ദൂതയക്കാണ് ഭഗവാൻ പാണ്ഡവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ വന്നിട്ടേ അപ്പൊ ധൃതരാഷ്ട്രം പറയാൻ എനിക്കൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവേണ്ട എല്ലാം തെളിയിലുണ്ട് പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം തെളിയുന്നുണ്ട് അതാണ് തസ്മൈ നമഹ ദുരവബോധ എത്ര ബുദ്ധിശാലിയാണെങ്കിലും വിചാരിച്ചു നോക്കിയാൽ മനസ്സിലാവണില്ല എടികിട്ടണില്ല ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ ഈ സംസാരചക്രത്തിനെ ചുറ്റിക്കുന്ന ദുരവബോധമായ വിഹാരതന്ത്രമുള്ള ആ പരമേശ്വരന് നമസ്കാരം എന്നാണ് എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോ പ്രകൃതി ഭൂതാനി പ്രകൃതി എല്ലാരെ ഓരോന്ന് കളിപ്പിക്കണം ഇവിടെ എവിടെയാ സ്വാതന്ത്ര്യമുള്ളത് ഞാൻ കളിക്കണോന്നുള്ള വിചാരം വിട്ടാൽ എന്ത് കളിയാണെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ഞാൻ കളിക്കണമെന്നുള്ളത് വിട്ടാൽ മതി അതിനുദാഹരണമാരാ ഭാഗവതത്തിൽ വൃത്രൻ അസുരനാണ് ഇന്ദ്രനോടുകൂടെ പോരാടുന്നു എന്നിട്ട് ജ്ഞാനിയായിട്ടിരിക്കണു ഭക്തനായിട്ടിരിക്കണു അയാളുടെ റോൾ ഏറ്റവും മോശമായ റോള് ആ റോളിൽ ഇരുന്നിട്ട് അയാളെ ജ്ഞാനിയും ഭക്തനുമായിട്ടിരിക്കണം നോക്കണം നമുക്ക് തന്നിരിക്കുന്ന റോള് മോശമായിട്ടുള്ള റോളാണെങ്കിൽ പോലും അവിടെയും ജ്ഞാനവും ഭക്തിയും സാധ്യമാണ് ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് വിട്ട അപ്പോ അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് ബോധിപ്പിക്കുകയാണ് ഭഗവാൻ പ്രകൃതി അതിന്റെ പാട്ടിൽ പ്രവർത്തിക്കും ശരീരം അതിന്റെ പാട്ടിൽ അതാണ് വൃത്തരം പറയണത് നീ ശരീരത്തിന് വെട്ടിക്കളയൂ ഇന്ദിരാണെന്ന് ഭാഗവതത്തിൽ വൃത്തരൻ പറയാണ് എന്തൊക്കെ തന്നെ ഞാൻ ജ്ഞാനിയായാലും ഈ ശരീരം ഉണ്ടല്ലോ അസുര ശരീരം അതുകൊണ്ട് അത് അതിന്റെ സ്വഭാവം കുറച്ച് കാണിക്കണം നീ വെട്ടിക്കളഞ്ഞാൽ ബ്രഹ്മനിഷ്ഠന്മാരായ ഋഷികൾ മുനികൾ ഏതൊരു പദത്തിനെ പ്രാപിക്കുമോ ആ പദത്തിനെ ഞാൻ പ്രാപിക്കും അതിനൽപ്പം തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രകൃതി നിൽക്കണു ഇതിനെ ഈ ശരീരത്തിലൂടെ പ്രകാശിപ്പിക്കാൻ പറ്റണില്ല ഇപ്പൊ എന്താ പ്രകൃതി വ്യാന്ധി ഭൂതാനി പ്രകൃതി എന്തൊക്കെയോ കാണിക്കുന്നു കാണിക്കട്ടെ അപ്പൊ പ്രകൃതിയിൽ പല കുഴപ്പങ്ങളും ഉണ്ട് പരമദുരാചാരിയായിട്ടുണ്ടെങ്കിൽ പോലും ശരണാഗതി ചെയ്താൽ അപ്പത്തെ തന്നെ ശാന്തി ഉണ്ടാവും എന്ന് വെച്ചാലോ ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നുള്ളത് വിടുന്നതാണ് ശരണാഗതി ചെയ്ത് അപ്പോ പ്രകൃതി എന്താവും പ്രകൃതി പിന്നെയും ഈ ഫാൻ ഓഫ് ചെയ്താൽ കുറച്ചു നേരത്തേക്ക് ചുറ്റിയിട്ട് പിന്നെ നിൽക്കും അതേപോലെ നമ്മളുടെ പവർ നമ്മൾ ഈ പ്രകൃതിക്ക് കിട്ടണത് ചൈതന്യത്തിന്റെ പവർ ശരീരത്തിനും മനസ്സിനും മനസ്സിലുള്ള വാസനകൾക്കൊക്കെ കിട്ടണത് അഹങ്കാരത്തിലൂടെയാണ് ആ അഹങ്കാരത്വം അഹങ്കാരം വിഡ്രോ ചെയ്താൽ പിൻവലിഞ്ഞാൽ പഴയ സ്പീഡിൽ കുറച്ചു നേരത്തേക്ക് കൂടെ ചുറ്റും അപ്പോഴാണ് നമ്മളുടെ മായാബുദ്ധി എന്തുപറയും വിട്ടിട്ടും പിന്നെയും ഇതാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പൊ അങ്ങനെ വിടാവോന്നൊക്കെ ചോദിക്കും ക്ഷമയോടുകൂടെ ഇരുന്നാൽ കുറെ കഴിയുമ്പോ ഫാൻ തനിയെ നിൽക്കും തനിയെ നിൽക്കും ശരണാഗതി ചെയ്യുന്നവന് ഫാൻ കുറച്ച് കഴിയുമ്പോൾ തനിയെ നിൽക്കണ പോലെ നമ്മൾ പവർ കൊടുക്കണത് നിർത്തി കഴിഞ്ഞു ഇപ്പൊ ചെയ്യണത് എന്താ പഴയ ഹാബിറ്റാണ് ആ പഴയ ഹാബിറ്റിന് കുറച്ചുനേരം കൂടെ പ്രകൃതി ചുറ്റിയിട്ട് തനിയെ ഇറ്റ് വിൽ കം ടു സ്റ്റോപ്പ് ആദ്യം എന്ത് ഭഗവാൻ പറയണത് എളുപ്പ മാർഗം എന്താ ഡയറക്ട് പാത്ത് ഭഗവാൻ പറയണത് എന്താ ഞാൻ കർത്താ ഭോക്ത എന്നുള്ളത് അങ്ങോട്ട് മാറ്റിയിട്ട് കർത്തൃത്വം കൊടുക്ക ഭഗവാനെ അങ്ങ് യന്ത്രീ ഞാൻ യന്ത്രം അവിടുന്ന് നിയന്ത്രിക്കണ പോലെ ഞാൻ ചലിക്കും ഇത് ഉള്ളില് പറഞ്ഞോളൂ മറ്റുള്ളവരോട് പറയാനല്ല മറ്റുള്ളവരോട് പറയാനല്ല ഒരു അടിയും ഒരുത്തന് കൊടുത്തിട്ട് ഭഗവാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അവനും തിരിച്ച് നാലെണ്ണം തരും ഭഗവാൻ അടിച്ചു എന്ന് പറയും അതിന് തയ്യാറായിരിക്കണം നമ്മൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച കളിയെ പറഞ്ഞു ഒരാൾക്ക് ഈ ചെകിടത്തെ അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഒരു പാതിരി പ്രസംഗം ചെയ്യാണ് ഒരു ചെറുപ്പക്കാരൻ തോന്നിയ ആവാസിയായ ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ടിരുന്നു അച്ഛ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അച്ഛൻ അച്ഛ പള്ളിയിൽ നിന്ന് പുറത്തു വന്നതും ഇവൻ എന്ത് ചെയ്തു ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ ചെകിടത്ത് ഒന്ന് കൊടുത്തു അപ്പൊ അച്ഛൻ യാതൊരു കോപവും ഇല്ലാതെ മറ്റേ ചെകിടും കാണിച്ചു കൊടുത്തു അപ്പൊ ഇവനുണ്ടല്ലോ അടിച്ചു അത് കഴിഞ്ഞതും അച്ഛൻ ലോഹയെടുത്ത് കെട്ടിയിട്ട് നല്ല അടി കൊടുത്തു തിരിച്ച് അപ്പൊ എന്താ അച്ഛൻ അത് അല്ല ഒരു ചകിട് അടിച്ചാൽ മറ്റേ ചകിടും കാണിച്ചു കൊടുക്കണം അതിലും അടിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഇറ്റ് ഈസ് ലെഫ്റ്റ് മൈ സെൽഫ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അതാണ് അതിന്റെ ഫർദർ എക്സ്റ്റെൻഷൻ നമ്മളുടെ കമന്ട്രി നമ്മളുടെ വ്യാഖ്യാനമാണ് ഫർദർ അപ്പോലട ബുദ്ധിക്ക് അധ്യാത്മികതയില്ല തുണിയ പോലെ സഞ്ചരിക്കുന്ന ബുദ്ധിക്ക് അധ്യാത്മികതയില്ല ഇത് നല്ലവണ്ണം ശരിക്കും അർമ്മത്തിൽ മനസ്സിലാക്കിക്കോളും മനസ്സിലാക്കി ശരീരം മനസ്സും ഒക്കെ ഭഗവാന്റെ ആണ് എന്ന് അർപ്പിച്ചാൽ ആ ക്ഷണം മുതൽ സ്ലോ ആയിട്ട് നമ്മൾ വി വിൽ ഫീൽ എ മിസ്റ്റീരിയസ് ഫോഴ്സ് ഓപ്പറേറ്റിംഗ് ത്രൂ അസ് നമ്മള് ഇന്ദ്രിയ വിഷയങ്ങളിൽ വീണു സമയത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ അത് പതുക്കെ പതുക്കെ പതുക്കെ ഓരോ തലത്തിൽ വരുന്നതായിട്ടും പല നമുക്ക് ജ്ഞാനത്തിനെ കൊണ്ടുവന്ന് തരുന്നതായിട്ടും നമ്മളെ പക്വപ്പെടുത്തുന്നതായിട്ടും അക്ഷരമണമാലയില് ഒരു പാട്ട് നോക്കിയേ കരുതിമെയ് താക്കിയെ പക്വം അരുണാചല ഒരു പാട്ടില് ഭഗവാൻ പറയാണ് ഹേ അരുണാചല അവിടുന്ന് നോക്കി നോക്കി വെച്ചാൽ ആ ദർശനദീക്ഷ കരുതി എന്ന് വെച്ചാൽ നല്ലവണ്ണം എങ്ങനെ വേണമോ എത്ര കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുമോ മെച്ചൂരിറ്റി ഉണ്ടോ അതിനനുസരിച്ച് താക്കിയെ എവിടെ എങ്ങനെ എങ്ങനെ എന്നെ പക്വപ്പെടുത്തണമോ അതുപോലെ പക്വപ്പെടുത്തി പക്വം ആക്കി എന്നെ പക്വമാക്കി നീ ആണ്ട് അരുൾ അരുണാചല അവിടുത്തേതായി എന്നെ പിടിച്ചെടുത്ത് എന്നിൽ കൃപ ചെയ്യൂ ഒരു ഭക്തന് രമണഭഗവാൻ ഉപദേശിച്ചു ആത്മവിചാരണം ചെയ്യ ഭക്തൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് ആത്മവിചാരം ചെയ്യാനേ പറ്റുന്നില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നാൽ ശരണാഗതി ചെയ്യൂ ഈ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ ഭഗവാന്റെ ആണ് അതിലൂടെ നടക്കുന്ന പ്രവൃത്തിയൊക്കെ ഭഗവാന്റെയാണെന്ന് സദാ ഓർമ്മിക്കൂ അയ്യോ അതാണോ ഒട്ടും പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യൂ ആ സർവേശ്വരനോട് തന്നെ ഭഗവാനെ അവിടുന്ന് എന്നെ ശരണാഗതി ചെയ്യിപ്പിക്കൂ എന്ന് പ്രാർത്ഥിക്കുക എന്ന് സംഹൗ ഇൻവോക്ക് ദാറ്റ് ഫോഴ്സ് ഇൻ ടു യുവർ ബോഡി ആൻഡ് മൈൻഡ് ആ കൃപാശക്തിയെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ഒക്കെ ആവാഹിക്കുക അത് ഇങ്ങോട്ട് ഒഴുകി അടക്കുന്നതാണ് ഏറ്റവും നല്ല വഴി അതിന് നീ വഴങ്ങിക്കൊടുക്കുക വഴങ്ങിക്കൊടുത്താൽ ആ കൃപാശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രകൃതിയെ പ്രകൃതിയുടെ പ്രവർത്തനമാണെന്ന് നല്ലവണ്ണം നമ്മളെ ബോധിപ്പിക്കുക നമ്മള് അഹങ്കാരം അവിടെ ഇല്ലാതായിട്ട് തീരും ആ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സമ്പർക്കപ്പെടും എന്നാലും ശരണാഗതി ചെയ്തവന്റെ ഭാവം എന്താണ് എങ്ങനെ ജീവിക്കണം ഈ ശരണാഗതി ചെയ്തിട്ടും അടുത്ത ദിവസം മുതൽ നമ്മൾ വിമുക്തരൊന്നും ആവില്ല ഞാൻ ശരണാഗതി ചെയ്തു കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനിയിപ്പൊ എനിക്കെന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയത്തിൽ ശങ്കര ചിലരൊക്കെ ശരണാഗതി എന്ന് പറഞ്ഞിട്ട് ശരണാഗതിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു സന്ധ്യാപനം ചെയ്യണില്ല അനുഷ്ഠാനങ്ങൾ ചെയ്യണില്ല പക്ഷെ വിഷയലോലുപന്മാരായിട്ട് ഇരിക്കുന്നതായിട്ട് ആചാര്യസ്വാമികൾ കണ്ടു അപ്പൊ അവരൊക്കെ ഉപദേശിക്കുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ശരണാഗതിയെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ എന്താവും വെച്ചാൽ എല്ലാം വിട്ടുകഴിഞ്ഞു എന്ന് പറയും ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ എന്നിലൂടെ ഒഴുകണു എന്ന് പറയും അതിൽ അഹങ്കാരം സൂക്ഷ്മമായി പകർന്നു ടിവിയും കണ്ടുകൊണ്ട് മറ്റു വിഷയങ്ങളിലും രമിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് ശരണാഗതിയല്ല അതിനോടുകൂടെ സൂക്ഷ്മമായി സാധന ചെയ്യണം ശരണാഗതി ചെയ്ത് സാധന ചെയ്യണം ശരണാഗതിയോടുകൂടെ ഭക്തി ചെയ്യണം മാം ആശ്രിത്യ യതന്തിയെ അതാണ് നമുക്ക് സൂചന വാക്ക് ഭഗവാൻ മാം ആശ്രിത്യ അതോടുകൂടെ നിർത്തിയില്ല മാം ആശ്രിത്യ യതന്തി ആശ്രയിച്ചുകൊണ്ട് യത്നിക്കുന്നു എങ്ങനെ യത്നിക്കുന്നു അതിനാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് യത്നിക്കാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ പുതിയതായിട്ട് ഒന്നും ചെയ്യാൻ ആവശ്യമില്ല പക്ഷേ നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ നിന്നും മാറി നിൽക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വിഷയങ്ങൾ നമ്മളെ വീണ്ടും കർത്തൃത്വത്തിൽ ചാടിപ്പിക്കും സാധന എന്ന് വെച്ച് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിഹിതകർമ്മങ്ങൾ അനുഷ്ഠാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിഷിദ്ധ ചെയ്യാതിരുന്നാൽ മതി വിഹിത കർമ്മങ്ങൾ എത്ര പവർ ഉണ്ടോ അതിനേക്കാളും ഒരു ഇരട്ടി പവർ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുണ്ട് നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതായ വിഷയങ്ങളിൽ നിന്നും ജാഗ്രതയായിട്ട് ഒതുങ്ങിയിരുന്നാൽ മതി ഒതുങ്ങിയിരിക്കുന്നതിന് ഫോഴ്സ് ഒന്നും വേണ്ടല്ലോ ഭഗവാൻ പറയണത് ശരണാഗതി ചെയ്താൽ നമുക്ക് ശാന്തി ഉണ്ടാവും പക്ഷെ ആ ശാന്തി നമുക്ക് പിന്നെയും നഷ്ടപ്പെടാൻ കാരണോ സാധ്യതയുണ്ട് ശരണാഗതി എന്നുള്ളത് ഇന്നർ ഫോഴ്സ് ആണ് औट्टर फोर्स नाम वाला चलिपी क्रिय विषय अद अड़ श्लोक इंद्रियेपंथ विषय इंद्रियोड़ सपर्कमें നമ്മളുടെ ഉള്ളിൽ വാസന ഉള്ളത്തോളം കാലം ശരണാഗതി ചെയ്താൽ ആ ക്ഷണത്തിൽ തന്നെ വാസന പോകില്ല ശരണാഗതി ചെയ്തതോടുകൂടി നമ്മളുടെ ഉള്ളിലുള്ള വാസനയ്ക്ക് നമ്മൾ പവർ കൊടുക്കുന്നത് നിർത്തി ഇനിമേലാൽ ഞാൻ കർത്താവാണെന്ന് ധരിച്ച ആ വിഷയങ്ങളിൽ പോയി വീഴില്ല ഞാൻ അറിയാതെ അതിൽ വീണുപോയാൽ അത് എന്റെ തലയിൽ എഴുത്തും അത് ഭഗവാൻ വിട്ടുകൊടുത്തു അതൊക്കെ ഭഗവാൻ ശരിയാക്കിക്കൊണ്ടു റി ആയി ചെയ്യാത്തതിനെയൊക്കെ ആ കൃപാശക്തി ശരിയാക്കിക്കൊള്ളും വളണ്ടറി ആയിട്ട് നമ്മൾ വിഷയങ്ങളിൽ വീഴുകയോ വൊളണ്ടറി ആയിട്ട് അതായത് നമ്മളായിട്ട് പോയി ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് പൂർവ്വ പണ്ട് പഴകിയത് കാരണം ചില കുഴപ്പങ്ങളൊക്കെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ അതൊക്കെ നമ്മൾ പേടിക്കേണ്ട കൃപാശക്തി ഒക്കെ ശരിയാക്കിക്കൊള്ളും പക്ഷേ ശരണാഗതി ചെയ്തു എന്ന് വെറും ഭാവന ചെയ്തിട്ട് പിന്നെയും സ്വയം ചില അനർത്ഥങ്ങളിൽ പോയി ചാടുകയാണെങ്കിൽ അതിനെ കൃപാശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പുതിയ പുതിയ ചാലുകളും വാസനകളും നമ്മൾ ഉണ്ടാക്കും അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ശരണാഗതി ചെയ്തത് കൊണ്ട് തീ ചൂടാതിരിക്കില്ല ശരണാഗതി ചെയ്തതുകൊണ്ട് വെള്ളം നനയ്ക്കാതിരിക്കില്ല അതേപോലെ ശരണാഗതി ചെയ്തത് വിഷയങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കില്ല അതുകൊണ്ട് ഇന്ദ്രിയസ്യ ഇന്ദ്രിയ അർത്ഥേരാഗദ്വേഷവും വ്യവസ്ഥിതവും ശരണാഗതി ചെയ്താൽ ലഡു എത്ര തിന്നാലും ഡയബറ്റീസ് കൂടില്ല എന്നുണ്ടോ ശരണാഗതിക്കോ അതിനും എന്ത് ബന്ധം ഡയബറ്റീസിനും ഡയബറ്റീസ് തന്നെയാണ് ജിലേബിയായിട്ട് മുമ്പിൽ ഇരിക്കണത് ജിലേബിയുടെ സൂക്ഷ്മരൂപമാണ് ഡയബറ്റീസ് അതിന് ബന്ധമുണ്ട് രണ്ടിനും തമ്മില് അത് ശരണാഗതി ചെയ്തവൻ ശരണാഗതി ചെയ്യാത്തവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ അല്ലെങ്കിൽ സന്യാസി ഗൃഹസ്ഥൻ ഭേദമൊന്നുമില്ലാതിന് വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്ക് എല്ലാവരോടും ഒരേ ഒരേ സ്വഭാവമാണ് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് രാഗദ്വേഷവും വ്യവസ്ഥിതവും വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷവും ഉള്ളത് നിങ്ങൾ വിഷയങ്ങളെ തല്ലി നിങ്ങൾ നിങ്ങളെ ബലമായി പിടിച്ചു ഉപദ്രവിക്കും കഴിയുന്നതും നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഉള്ളില് വിഷയങ്ങളിൽ നിങ്ങളായിട്ട് പോയി വീഴാതിരുന്നാൽ മതി മുള്ളിന്റെ മേലെ നമ്മള് വീണാലും മുള്ളു നമ്മളുടെ മേലെ വീണാലും വേദനിക്കുന്നത് നമുക്കാണ് അതുകൊണ്ട് വിഷയങ്ങൾ നമ്മൾ പോയി ചാടിയാലും വിഷയങ്ങൾ നമ്മൾ ആക്രമിച്ചാലും നമുക്ക് ദുഃഖം ഉണ്ടാകും പക്ഷെ അധികം മുള്ളു നമ്മളുടെ മേലെ വീഴില്ല നമ്മളാണ് അതിൽ പോയി കാലു വെക്കുക അതിൽ മാത്രം ഭഗവാൻ പറയുന്നു അതിന് ഭഗവാൻ സഹായവും ചെയ്തതും അത് വേറെ ഒരു ഈ പ്രകൃതി തന്നെ നമ്മൾക്ക് വിദ്യാ അവിദ്യാസ്വരൂപം പ്രകൃതിയിലുണ്ട് വിദ്യാസ്വരൂപം നമ്മളെ പിടിച്ചെടുത്തതിന്റെ തെളിവാണ് നമ്മളൊക്കെ ഇവിടെയിരിക്കണത് വൃതാസഹസനാമത്തിൽ വിദ്യാ അവിദ്യാസ്വരൂപിണീ നമഹ എന്ന് ദേവിക്ക് രണ്ട് നാമം അവിദ്യാസ്വരൂപം എന്ന് വെച്ചാൽ വിഷയങ്ങളോട് വലിച്ചു കൊണ്ടിരിക്കും അതാണ് കാര്യം എന്ന് ബുദ്ധിയിൽ അറിവ് വെച്ചുകൊണ്ടിരിക്കും അതിൽ വീണുകൊണ്ടിരിക്കും നമ്മളിപ്പോ അതൊക്കെ വിട്ടതുകൊണ്ട് വിദ്യാശക്തിയുടെ കയ്യിൽ പെട്ടത് കൊണ്ടാണ് ഇവിടെയൊക്കെ അപ്പൊ നമ്മള് വിചാരിച്ച് നമ്മള് വിചാരിക്കും വേണമെങ്കിൽ നമ്മളായിട്ട് വന്നതാണോ നമ്മൾ ഇവിടെ ഇരിക്കണെന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നും സാധ്യമല്ല ആ കൃപാശക്തി നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇരുത്തിയിരിക്കാണ് അതുകൊണ്ട് നമുക്ക് സാധനയൊന്നും വലിയ വിഷമല്ല നമ്മള് വഴങ്ങിക്കൊടുത്താൽ മാത്രം മതി നമ്മൾക്ക് വീണുപോവാതെയും നമ്മളെ രക്ഷിക്കാനും ഒക്കെ തന്നെ ഈ വിദ്യാശക്തി പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് തയോഹോ വശമാകച്ച ഭഗവാൻ പറയണത് നിങ്ങളായി ചാടിപ്പോയി വിഷയങ്ങളുടെ വശത്തിൽ പെട്ടുപോകാതെ നോക്കിക്കൊള്ള എന്താന്ന് വെച്ചാൽ പരിബന്ധിനവും ധാരാളം പണമൊക്കെ ആയിട്ട് പാക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ എത്ര ജാഗ്രതയായിട്ടിരിക്കും വഴിയിൽ കള്ളന്മാരുണ്ടാവുവോ പിടിച്ചുപറിക്കുവോ എന്ന് അതേപോലെ ഈ ജ്ഞാനമാർഗത്തിൽ പോകുന്നവരുടെ വഴിയിൽ നിന്നും തട്ടിപ്പറിക്കുന്ന കള്ളന്മാരാണ് വിഷയങ്ങള് രാഗദ്വേഷങ്ങൾ ആ രാഗദ്വേഷങ്ങൾ നമ്മളെ ഉള്ളിൽ ഉണ്ടായാൽ അപ്പോ കാണാം ഈ സത്സംഗത്തിലുള്ള ശാന്തി നഷ്ടപ്പെടുന്നത് പലരും പറയും സത്സംഗത്തിൽ നല്ല സുഖമായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് പകക്ക പോയിരുന്നു എവിടെ പോണു എന്ന് ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിച്ചു നോക്കുക അതായിട്ടൊന്നും പോകില്ല നമ്മളായിട്ട് കളയും പല ദ്വാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ദ്വാരങ്ങളിലൂടെയൊക്കെ വെള്ളം പാത്രത്തുനിന്ന് ഒഴുകി പോണ പോലെ ഒഴുകി പോവും ചെല ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി അത് കാരണം നമ്മൾക്ക് ഈ കിട്ടിയ ശാന്തി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയും അത് കഴിയുന്നതും നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നാണ് നമ്മളുടെ കഴിയുന്നതും അതിനൊരു ലിമിറ്റുണ്ടല്ലോ ആ ലിമിറ്റിന് മേലെ ഉള്ളത് വേറെ ഒരു ശക്തി ഉണ്ട് നോക്കാൻ അത് നോക്കിക്കോളൂ ആ കഴിയുന്നതിന്റെ ഉള്ളിൽ നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ മാത്രം മതി ആ കഴിയുന്നതെന്നുള്ളത് ഒരു വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ അത്രയും ദൂരം നടക്കുക രാമകൃഷ്ണ പരമംസർ പറയും ഒരാൾക്ക് രാത്രി കൊച്ചിന്ന് എറണാകുളത്തേക്ക് നടക്കാനുള്ള ആളാണ് അപ്പൊ അയാള് ചോദിച്ചു ഇരുട്ടത്ത് പോണം ഒരു റാന്തൽ വിളക്ക് പഴയ കാലത്ത് റാന്തൽ വിളക്ക് വേണം കൊടുത്തു അത്രേ വിളക്ക് എടുത്തോണ്ട് അയാള് ആ ഉമത്ത് തന്നെ ഇരിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കണ്ട എന്താ പോയില്ലെന്ന് ചോദിച്ചാൽ ഈ വിളക്ക് ഇത്ര ദൂരമേ വെളിച്ചം കാണിക്കുന്നു ഞാൻ എങ്ങനെ എറണാകുളം വരെ പോകുന്നു അത് എടുത്തോണ്ട് നടന്നാൽ പോയ സ്ഥലത്തുനിന്ന് പിന്നെയും വെളിച്ചം കാണും നടക്കുന്ന സ്ഥലത്ത് വെളിച്ചം കണ്ടുകൊണ്ടേയിരിക്കും അതേപോലെ നമ്മളുടെ ലിമിറ്റ് എത്രയുണ്ടോ അത്രയും എക്സ്റ്റെൻഡ് ആയാൽ കാണാം അൺലിമിറ്റഡ് ഡിസ്റ്റൻസിലേക്ക് അത് പോയിക്കൊണ്ടേയിരിക്കും അതാണ് കൃപ എന്ന് വിളിക്കണം അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മളായിട്ട് പോയി വിഴാതെ നോക്കിയാൽ മതി അതിനെന്താ വഴി നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് പരമ്പരയായിട്ടോ അഥവാ എതിർച്ചയായിട്ടോ കിട്ടിയിരിക്കുന്ന വഴിയിലുള്ള സാധനയും പ്രവൃത്തിയും നിഷ്കാമ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കഴിയുന്നതും നമ്മൾ ഈ പിടിവലിയിൽ നിന്നും രക്ഷപ്പെടും നമ്മളുടേതല്ലാതെ വേറെയൊരു ധർമ്മത്തിൽ വേറെയൊരു വഴിയിൽ പോയി ചാടിയാക്കും അതിൽ പുതിയതായിട്ട് നമുക്ക് പലതും ചെയ്യേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് പലതുമുണ്ട് അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി നമുക്ക് കിട്ടിയിരിക്കുന്ന കർമ്മം കിട്ടിയിരിക്കുന്നതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ആ മാർഗത്തിൽ തന്നെ പതുക്കെ പരിപക്വപ്പെട്ടു വരിക ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതം ശ്രേയ പരധർമ്മ അവനവന്റെ ധർമ്മം അല്പം ഗുണമില്ലാത്തതാണെങ്കിൽ പോലും അതിലെന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിലും അത് ശ്രേയസ്കരമാണെന്നാണ് പരധർമ്മം ഭയാവഹമാണ് അത് തന്നെ നമുക്ക് വളരെ പറയേണ്ട ഒരു വിഷയമാണ് സ്വധർമ്മം എന്ന് വെച്ചാൽ എന്താ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമാണ് സ്വധർമ്മം സ്വധർമ്മത്തിന്റെ ലക്ഷ്യമോ സ്വരൂപ സാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ ആത്മവിചാരത്തിന് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ് സ്വധർമ്മം അത് അവനവന് വിധിച്ചു കിട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ സ്വധർമ്മമായിട്ട് മാറും നിഷ്കാമ്യമായി നിസ്സംഗമായി ഭഗവത് ഭക്തിയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്വധർമ്മം എല്ലാം കൊണ്ടും ശ്രേയസ്കരമാണ് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ വിഷയങ്ങളിൽ വീണുപോകുന്നതിൽ നിന്ന് രക്ഷിക്കും മറ്റുള്ളവരുടെ ധർമ്മം നമ്മള് എത്ര നല്ലതാണെന്ന് തോന്നിയാലും അതിൽ പോയി ും എന്തിനു വേണ്ടി വീഴണു ഫാസിനേഷൻ അല്ലെ പണം കിട്ടും അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അധികവും പരധർമ്മം സ്വീകരിക്കുന്നത് എല്ലാരും എം വേണമെന്ന് ആഗ്രഹിക്കുന്നു വെച്ചാൽ ലോകസേവയ്ക്ക് വേണ്ടിയിട്ടാണോ ആലോചിച്ചു നോക്കാണോ ഒന്നുമല്ല ഒന്ന് അതിൽ ധാരാളം പണം കിട്ടും രണ്ട് സൊസൈറ്റിയിലെ പൊസിഷൻ ഈ രണ്ടെണ്ണമാണ് രണ്ടും അഹങ്കാരത്തിന്റെ കൂട്ടാണ് അല്ലാതെ അത് പരമ്പരയ കിട്ടിയതു ഇനി ഫ്യൂച്ചറില് നമ്മൾ ഈ കർമ്മത്തില് റിസർച്ച് ഇപ്പൊ തന്നെ ധാരാളം നടക്കുന്നുണ്ട് മാനേജ്മെന്റും റിസർച്ചും ഒക്കെ എനിക്ക് ഏകദേശം ഉറപ്പായിട്ട് തോന്നുന്നു വീണ്ടും ഫ്യൂച്ചറില് ചിന്തിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു പരമ്പരയെ ശരിയാവുള്ളൂ എന്നാണ് അതായത് അച്ഛൻ ഡോക്ടറാണെങ്കിൽ മകൻ ഡോക്ടർ അച്ഛൻ എഞ്ചിനീയർ ആണെങ്കിൽ മകൻ എഞ്ചിനീയർ എം ബി ബി എസിന് ഒരു ഡോക്ടറുടെ മകനെ അഡ്മിഷൻ കൊടുക്കുള്ളൂ പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് ഇനി വരാൻ പോകുന്നു രണ്ട് മൂന്ന് ഗുണം അതിലുണ്ടാവും എന്താന്ന് വെച്ചാൽ ഒന്ന് ജീനിൽ തന്നെ അത് അവരുടെ ഇതിലും ഉണ്ടാവും രണ്ട് ഇയാൾ ഇനി ഒരു ക്ലിനിക് ഇടാൻ അത് ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല വഴി കാണിച്ചു കൊടുക്കാൻ ഒരു അച്ഛനുണ്ട് ഒരു മാർഗദർശി ഉണ്ട് രണ്ട് സൊസൈറ്റിയിൽ കോമ്പറ്റീഷൻ പോകും എല്ലാരും മറ്റുള്ളവന്റെ ധർമ്മത്തിനെ നോക്കി ആഗ്രഹിക്കുന്നതും മത്സരിക്കുന്നതും പോകും ഈ സ്വധർമ്മം അച്ഛൻ മകൻ എല്ലാവരും പരമ്പരയായി തുടർന്ന് വരണമെങ്കിൽ അതിൽ വേറെ ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം സമദർശിത്വം വേണം ഡോക്ടറുടെ ജോലി വലിയ ജോലിയാണെന്നും കെട്ടുകാരന്റെ ജോലി താഴ്ന്ന ജോലിയാണെന്നും കരുതിയാൽ തീർച്ചയായിട്ടും തെറ്റ് കെട്ടുകാരന്റെ മകൻ എനിക്ക് ഡോക്ടറാകണമെന്ന് ആഗ്രഹിക്കും ഡോക്ടറുടെ മകൻ ഒരിക്കലും കെട്ടുകാരനാകണമെന്ന് ആഗ്രഹിക്കില്ല അപ്പോ പിന്നെയും സ്വാർത്ഥത വരും എല്ലാ കർമ്മങ്ങളും ഒരേപോലെ തുല്യമായിട്ട് അതിന് വേതനവും തുല്യമായിട്ടുള്ള ബഹുമാനവും ഉണ്ടെങ്കിൽ ഈ പരമ്പര പരമ്പരയായിട്ടുള്ള കർമ്മത്തിനെ നിലനിർത്തൽ ഭംഗിയാവും സമൂഹത്തിൽ കോമ്പറ്റീഷൻ ഇല്ലാതാവും കർമ്മത്തിൽ കൂടുതൽ സിൻസിയറിറ്റി വളരുകയും ചെയ്യും കോമ്പറ്റീഷനും ഉണ്ടാവില്ല എല്ലാറ്റിനും വലിയ ടെൻഷനില്ല കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും ടെൻഷനാണ് അയാൾക്ക് പാവം ഒന്നും അറിയില്ല അയാൾക്ക് ഒന്നും ഒരു വിവരമില്ല അച്ഛൻ പറയും എം അമ്മ പറയും എഞ്ചിനീയറിംഗ് അടുത്ത വീട്ടുകാരൻ പറയും കമ്പ്യൂട്ടർ നാട്ടിലുള്ളവർ വേറെ വല്ലതും പറയും ആകെ ഈ കുട്ടിക്ക് ടെൻഷൻ പേടി ഇതിൽ തന്നെ എനർജി മുഴുവൻ പോയി ഈ കുട്ടിയുടെ തന്റെ ആന്തരികമായി വളരാൻ മെച്യൂറാവേണ്ട വയസ്സാണ് ഈ പതിനഞ്ച് വയസ്സ് എന്ന് പറയണതൊക്കെ ഒരു മെച്യൂരിറ്റി വരേണ്ട വയസ്സിൽ നമ്മൾ ആ കുട്ടിയെ പേടിപ്പിച്ച് ടെൻഷൻ വരുത്തി ആട്ടിച്ച് തകർത്ത് കഴിഞ്ഞു പിന്നെ ഈ കുട്ടിക്ക് അതിന് സ്നേഹം ആർദ്രത കാരുണ്യമൊക്കെ വളരാൻ എവിടെ സമയം ആ സമയത്താണ് ആ ഊർജ്ജം മുഴുവൻ പേടിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു സെക്യൂരിറ്റി ഫീലിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി കുട്ടി എവിടെ വളരും കഴിഞ്ഞു പതിനഞ്ച് വയസ്സോടുകൂടെ മനുഷ്യനെ മനുഷ്യ മൃഗമാക്കി മാറ്റി കഴിഞ്ഞു നമ്മള് നായയൊക്കെ നല്ല ചോറിട്ട് കൊടുത്താൽ ശണ്ടകൂടങ്ങളെ മറ്റു നായക്കളോടുകൂടെ അതുപോലെ ഒരു കോമ്പറ്റീഷൻ പഠിപ്പിച്ചു കഴിഞ്ഞു പിന്നെ കുട്ടികളെ ആ തന്നെ ഈ സ്വധർമ്മം എന്നുള്ളത് സമൂഹത്തിലെ ഋഷികൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗ്ഗമാണ് അത് അശുദ്ധപ്പെട്ടു പോവാൻ കാരണം ഈ ഉച്ചനീചമായ ഭാവമാണ് ഈ വി വളരെ വലുത് ഇത് ചെറുതെന്ന് കരുതുമ്പോ എന്താവും ഈ ചെറുതായിട്ടുള്ളവരൊക്കെ വലുതിനെ ആഗ്രഹിക്കും അതില്ലെങ്കിൽ മാർഗമാണ് അച്ഛൻ മകൻ അച്ഛൻ മകൻ അച്ഛൻ മകൻ പരമ്പരയായിട്ട് അല്ലെങ്കിൽ ശിഷ്യ പരമ്പര എങ്ങനെങ്കിലുമൊക്കെ ഒരു പരമ്പര കൊണ്ടുവരികയാണെങ്കിൽ ഈ കോമ്പറ്റീഷനും ആത്സര്യ ബുദ്ധിയും പോയിപ്പോകും മാത്രമല്ല കർമ്മത്തിൽ നമുക്ക് ശരീരം കർമ്മപ്രധാനമാണ് വേദാന്തപരമായിട്ടോ അതിലൊരു വലിയൊരു കാര്യമുണ്ട് ശരീരം കർമ്മപ്രധാനമാണ് ശരീരത്തിനെ മറക്കണമെങ്കിൽ ശരീരത്തിന്റെ കർമ്മത്തിനെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനോ അതിൽ ടെൻഷനോ ഒന്നും ഇല്ലെങ്കിൽ ശരീരത്തിനെ മറക്കാൻ ഒക്കും നമുക്ക് ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ ആത്മാവിൽ നിന്ന് പതറും ഇതൊരു പതിനഞ്ച് പതിനാറ് വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിയെ ശരീരത്തിന്റെ ജീവിതത്തിന് ശരീരത്തിനെ കുറിച്ചാണല്ലോ ചിന്തിപ്പിക്കണത് ഈ ശരീരം എന്ത് ചെയ്യണം അതിൽ എനർജി മുഴുവൻ പോയാൽ ഈ കുട്ടിക്ക് ഇനി എവിടെ ഭഗവ ആത്മവിചാരവും ജ്ഞാനവും ശാന്തിയും ഒക്കെ എവിടെ വരും അപ്പൊ പരമ്പര പരമ്പരയായി വരികയാണെങ്കിൽ ഈ കുട്ടിയുടെ വിഷയത്തിൽ ചോദ്യമേ ഇല്ല നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമേ ഇല്ല അപ്പൊ എന്താ ശരീരത്തിന്റെ ഒരു മുക്കാൽ ഭാഗം പ്രശ്നം അവസാനിച്ചു ശരീരത്തിന്റെ മുക്കാൽ ഭാഗം പ്രശ്നം എവിടെയാ എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് ആ ശരീരത്തിന്റെ ഒരു മുക്കാൽ ഭാഗം പ്രശ്നം പരമ്പരയായി കർമ്മം കിട്ടുകയാണെങ്കിൽ അവസാനിച്ചു ബാക്കിയുള്ള എനർജി മുഴുവൻ നമുക്ക് സൂക്ഷ്മ തലത്തിൽ ഉപയോഗിക്കാനായിട്ടുണ്ട് അതാണ് ഈ പര സ്വധർമ്മത്തിന്റെ വലിയ ഒരു അനുഗ്രഹം പരധർമ്മത്തിലാണെങ്കിലോ പുതിയതായിട്ട് പഠിക്കണം അറിയണം രാഗദ്വേഷം ഒക്കെ കുഴപ്പങ്ങളാണ് അങ്ങനെയും കർമ്മമണ്ഡലത്തിലും ഈ സ്വധർമ്മത്തിനൊരു വൈശിഷ്ട്യം എങ്ങനെയുണ്ട് ഇത്രയും പറഞ്ഞിട്ട് അപ്പോ അർജുനന് ഒരു സംശയം അർജുനൻ ചോദിക്കാണ് ഭഗവാനെ സ്വധർമ്മം വിട്ടിട്ട് മനുഷ്യൻ പരധർമ്മത്തിലേക്ക് പോവാൻ എന്താണ് കാരണം അത് പാപമാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ തനിക്ക് വിധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക നിഷിദ്ധ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് ചെയ്യണമെന്നില്ല എങ്കിലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് യുദ്ധം വിട്ടിട്ട് സന്യാസത്തിന് പോവാന്നുള്ളത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ തോന്നുന്നു അതേപോലെ സാധാരണ മനുഷ്യർ പലരും എനിക്ക് തെറ്റു ചെയ്യണം ആർക്കും ആഗ്രഹമുള്ളത് ഇപ്പൊ അർജുന ദുര്യോധനം പറഞ്ഞ പോലെ എന്നിട്ടും എന്തോ ഒന്ന് എന്നെ ചെയ്യിപ്പിക്കുന്നു എന്താ ചെയ്യിപ്പിക്കുന്നത് അതാണ് അർജുനന്റെ ചോദ്യം നോക്ക അർജുന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനു ചന്ദി ശ്രേയ ബലാതി വനിയോജിത അഥ കയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛൻ അപ്പ ബയോജിത ഹേ വൃഷ്ണിവംശനായ ഭഗവാനേ അഥ കയുക്ത ആരാണ് എന്നെ ഉള്ളിൽ നിന്നും പ്രയോഗിക്കുന്നത് പാപം ചരതി പുരുഷ മനുഷ്യൻ ആർക്കും പാപിയാവണം പാപം ചെയ്യണം എന്നില്ലെങ്കിലും എന്തുകൊണ്ട് പാപം ചെയ്യുന്നു അനിച്ഛന്നപി ഭാഷനെയെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് ചെയ്യുന്നു ബലാധിപ നിയോജിത ആരോ ഉള്ളിലിരുന്ന് തള്ളിവിടുന്ന പോലെ ബലമായി ഡ്രൈവ്സ് ഉള്ളിൽ നിന്നും ഡ്രൈവ് ചെയ്യാണ് അത് എവിടുന്ന് വരുന്നു അതിന് ഭഗവാൻ പറയണ ഉത്തരമാണ് ഈ ചോദ്യം എല്ലാ മതത്തിലുള്ളവരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് മതത്തിലുള്ളവരൊക്കെ തീരുമാനിച്ചു ഏതോ ഒരു ആ സാത്താനാണ് നമ്മളെ കൊണ്ട് പാപം ജയിപ്പിക്കുന്നത് അതിന് ആ സാത്താനും ഓരോ നെഗറ്റീവ് കളേഴ്സൊക്കെ കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഇനി ആ സാത്താനും നമ്മൾ എവിടെ തെരഞ്ഞു നടക്കും ആ സാത്താൻ നമ്മളുടെ ഉള്ളിലാണ് വെളിയിലൊന്നും ഒരു സാത്താനുമില്ല സത്തിനെ അറിയാത്തത് ഉണ്ടാവുന്നതാണ് ഈ സാത്താൻ अंत भगवा उत्तर नोक आरान उम्मीद नोक श्री भगवाच काम क्रोधयुण सव महा महाप विध्य नीहव ई शुक्र पुरेष सहा दूर आ ഏഷ എന്ന് വെച്ചാൽ അടുത്തുള്ള ആളാണ് ഏറ്റവും അടുത്ത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് തന്നെ ഈ വേണ്ടാത്തരം ചെയ്യിപ്പിക്കുന്നവരാരോ ഏഷ കാമ യേശക്രോധ തന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ട് കാമം കോപം ഇതിൽ നിന്നാണ് ബാക്കിയൊക്കെ വരുന്നത് കാമം കോപം എന്ന് വെച്ചാൽ രാഗം ദ്വേഷം അർത്ഥം ഒന്നിനോട് പ്രത്യേകിച്ച് മമത ഒന്നു വരാം ഒന്നിനോട് വെറുപ്പ് നമ്മളുടെ ശരീരത്തിന്റെ പാറ്റേൺ നമ്മളുടെ ചിത്രത്തിന്റെ സ്ട്രക്ചർ തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ സുഖം വരണം ദുഃഖം വരാൻ പാടില്ല സുഖം എത്ര വന്നാലും ആർക്കും കംപ്ലയിന്റ് ഇല്ല കാമം ദുഃഖം വന്നാൽ ഉടനെ കംപ്ലയിന്റ് കോപം അതാണ് കാമം കോപം എന്നുള്ളതിനർത്ഥം ഒരു പ്രത്യേക കാമമോ കോപമോ അല്ല സുഖത്തിനോടുള്ള പ്രതിപത്തി ദുഃഖത്തിനോടുള്ള വിരക്തി വെറുപ്പ് അതെവിടുന്ന് വരുന്നു രജോഗുണ സമുദ്ഭവ രജോഗുണത്തിന്റെ തന്നെ ലക്ഷണം എന്താ ശരീരം മനസ്സൊക്കെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കണം ഈ കാമകോപങ്ങൾ എപ്പോ അവസാനിക്കും മഹാശനഹ എന്നാണ് എത്ര തിന്നാലും തീരാത്തതാണത് അഗ്നിയിൽ എത്ര നെയ്യ് ഒഴിച്ചാലും ആളിക്കത്തിക്കൊണ്ടേയിരിക്കും അഗ്നി അതേപോലെ ഈ കാമവും കോപവും രാഗവും ദ്വേഷവും മഹാപാപ്പുമാ ഒരുപാട് പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കാത്തതൊക്കെ നമ്മളെ കൊണ്ട് അത് നമ്മൾ വിചാരിച്ചതല്ല പലതും പക്ഷെ ചെയ്തു പോകും അറിയാതെ ചെയ്തു പോകും മഹാശനോ മഹാപാപ്പുമാധ്യേന മിഹ വൈരിണം ഇതിനെ ശത്രുക്കളായിട്ട് അറിഞ്ഞുകൊള്ളു എന്നാണ് നമ്മൾ ചെയ്യണം എന്ന് ചെയ്തു പോകും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ലാട്ടോ അറിയാതെ ചെയ്തു പോയി എന്ന് പറയും പലപ്പോഴും ദേഷ്യം വന്നു അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞില്ല വീട്ടിലുള്ള പാത്രമൊക്കെ തല്ലിപ്പൊട്ടിച്ചു കുഞ്ഞ തമ്പിയാരുടെ കവിതയുണ്ട് ആട്ടുകല്ല് എടുത്ത് കിണറ്റിലിട്ടു അത്രയും ഭാര്യക്ക് അടി കൊടുത്തു വീട്ടിലുള്ള പാത്രമൊക്കെ തല്ലിപ്പൊട്ടിച്ചു ആട്ടുകല്ല് എടുത്ത് കിണറ്റിലിട്ടു അതുകൊണ്ട് അരിശം തീരാത അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നിട്ടും ദേഷ്യം പോരാതെ ആ പുരയ്ക്ക് ചുറ്റും ഓടി നടന്നു ദേഷ്യം എന്നിട്ട് എന്ത് ചെയ്യാന്നറിയില്ല എന്താ ചെയ്യാന്നറിയില്ല കോപം വരുമ്പോ കാമം വരുമ്പോ മഹാശനോ മഹാപാത്മാ വിധ്യേന മിക വൈര്യണം ഇത് രണ്ടും രാഗവും ദ്വേഷവും അറ്റാച്ച്മെന്റ് ആൻഡ് അബേക്ഷൻ ഇത് രണ്ടും നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചകളെ നമ്മളാണ് കർത്താവ് ഭോക്താവ് എന്ന് തോന്നിക്കും ഇല്ലാത്തതിന് ഉണ്ടെന്ന് തോന്നിക്കും ഇല്ലാത്തതായ അഹങ്കാരത്തിന് ഇവര് ജന്മം നൽകും ുള്ളതായ ആത്മാവിനെ മറച്ചു കളയു ഇല്ലാത്തതായ അഹങ്കാരത്തിന് ജന്മം നൽകും ഈ വാസന വാസനയാണ് നമ്മളുടെ ഉള്ളിൽ കാമമായിട്ടും കോപമായിട്ടും പിരിയണത് യഥാർത്ഥത്തിൽ കാമം തന്നെ കോപം കാമം നടക്കാതെ വരുമ്പോ ആണ് കോപം കാമത്തിന് ആരെങ്കിലും തടസ്സം വരുമ്പോഴാണ് കോപം അല്ലെങ്കിൽ കാമത്തിനനുസരിച്ചിട്ടുള്ളത് എവിടെ കിട്ടില്ലയോ അതിനോടുള്ളതും കോപം അത് മൂന്ന് വിധത്തിൽ ആത്മാവിനെ മറച്ചിരിക്കും ചിലരിൽ വളരെ കട്ടി കൂടിയിട്ടുണ്ടാവും ചിലർ അല്പം മൃദുവായിരിക്കും ചിലർ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്പമേ ഉള്ളൂവെങ്കിൽ അവർക്ക് വലിയ സാധനമൊന്നും ആവശ്യമില്ല അത് പോവാൻ സത്സംഗമേ മതി അല്പം ബലമായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അവരെ കൊണ്ട് പല സാധനങ്ങൾ സത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ജപം തപം അനുഷ്ഠാനങ്ങൾ പ്രാണായാമം ഒക്കെ വേണ്ടിവരും വളരെ ബലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവർക്കൊന്നും കേൾക്കാനോ ഇതിൽ രുചി തന്നെ ഉണ്ടാവില്ല അങ്ങനെ മൂന്ന് കാറ്റഗറി ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകം നോക്കുക ധൂമേന